നാം നിത്യജീവനെ അല്ലാണ്ടായ യേശുക്രിസ്തുവൈ നാം പറ്റിക്കൊള്ളുക്ക് നമുക്ക് അന്ത് ഐന്ത് അത്യാവശ്യമാണ്വൾ എൺപതിനാം ധ്യാനിത്തും നിത്യജീവനെ യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നതിന് അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമാണ് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി നമ്മുടെ വാഴ്ക്കയിൽ ഭേദവസനവും ജപവും നമ്മുടെ വാഴ്ക്കയിൽ അത്യാവശ്യമാണ് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവ ധ്യാനവും പ്രാർത്ഥനയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വേദവസനം ഇല്ലാതെ പിടിക്ക് പൊല്ലാങ്ങണയെ നാം ജയിക്ക മുടാ ദൈവവചനം ഇല്ല എങ്കിൽ ദുഷ്ടനായവനെ ജയിക്കുവാൻ നമുക്ക് കഴിയുകയില്ല വേദവസനം ഇല്ലാതെ പിടിക്ക് നമ്മുടെ ഒരു ക്രിറ്റിക്കലാണ് ഒരു ജങ്ഷൻസിൽ നാം നിൽക്കുമ്പോഴത് വഴിതിരിയാതെ പിടിക്ക് നാം മാറിപ്പോയി വിടുവോം ദൈവവചനമില്ല എങ്കിൽ വളരെ തീരുമാനമെടുക്കുവാൻ പ്രയാസമുള്ള ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ നാം നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയുവാൻ കഴിയുകയില്ല നാം ദിനംതോറും നാം അനേക കാര്യങ്ങളിൽ നാം തവറുകറോം വിഴുകറോം ഓരോ ദിവസവും പല കാര്യങ്ങളിലും നാം വീഴുന്നു നാം തെറ്റിപ്പോകുന്നു നാം വീഴുമ്പോഴല്ല ആണ്ടവരായി യേശുക്രിസ്തുവിനുടേത്തിൽ നാം പാവത്തെ അരിക്കേ നമ്മെ നാം കഴുകിക്കൊള്ളുകവരാക്ക വേണ്ട നാം വീഴുമ്പോഴൊക്കെയും യേശുക്രിസ്തുവിന് രക്തത്താൽ കഴുകപ്പെട്ടവരായി നാം നിൽക്കേണ്ടതുണ്ട് നാം എപ്പി നമ്മളെ റെഫ്രെഷ് പണിയിട്ട് നാം പടുക്കണു നമ്മ നെനക്കമോ നാം കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് നാം നമ്മെ തന്നെ നാം കുളിച്ചതിന് ശേഷം നാം കിടക്കുന്നത് പോലെ ഓവർനാളും നമ്മുടെ നാം കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ ഈ പ്രകാരം ശുദ്ധീകരിച്ച ശേഷം കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ശേഷമാണ് നാം ഉറങ്ങാൻ പോകേണ്ടത് നമ്മുടെ വാഴ്ക്കയിൽ അത്യാവശ്യമാണ് ഇന്നൊരു കാര്യം പരിശുദ്ധാവിയാണ് അവരുടെ നിരവ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായി ആവശ്യമുള്ള മറ്റൊരു കാര്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ വല്ലമില്ലാത്ത പക്ഷത്തിൽ ഇത് വാഴ്ക്കെ നമ്മളാൽ വാഴക്കൂടാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ ഈ ജീവിതം നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല ഇരുതി വരെ നാം കേൾക്കുന്നവരാവേ ഇപ്പോൾ നാം അവസാനം വരെ നാം കേൾക്കുന്നവരായി തുടരും പാവം ചെയ്ത് അവരുടെ പാവം മണ്ണിപ്പുക പാപം ചെയ്ത ശേഷം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പാപത്തിൻ്റെ ക്ഷമ നാം ചോദിച്ചു കൊണ്ടേയിരിക്കും രക്തവും നമ്മെ മണ്ണിത്തു കൊണ്ടേയിക്കും യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മെ കഴുകിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മുടെ വാൾനാൾ മുഴുവതും യേശുവിൻ്റെ രക്തത്താലേ കഴിവപ്പെട്ടവറായി വാഴ മുടിയും നമ്മുടെ ജീവിതകാലം മുഴുവൻ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി തുടർമാനമായി ആ കഴുകൾ പ്രാപിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയും വെളിപ്പെടുത്തിന് വിശേഷത്തിൽ നാം ഇവിടെ വാസിക്കണം വെളിപ്പാട പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നാം തൃപ്പ നാം അവിടെ നോക്കേണ്ട അങ്ങോട്ടേക്ക് മറിക്കേണ്ട ആവശ്യമില്ല തെരളാന ജനത്താർവസ്ത്രം തരിത്തവരുള്ള അവിടെ വളരെയധികം ആളുകൾ വെള്ള വസ്ത്രം ധരിച്ചു കൊണ്ട് ഒരു ആൾക്കൂട്ടത്തെ പുരുഷത്തെ നാം കാണും അവരുടെ ടെസ്റ്റ് മണി അവരുടെ സാക്ഷ്യം എന്താണ് എന്ന് അറിയാമോ ആട്ടുകുട്ടിയാണോ രക്തത്താൽ തങ്ങളെ തോയ്ത്തു കൊണ്ടവരുള്ള കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായിരുന്നു അവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവർ കഴുകപ്പെട്ടവരായിരുന്നു പരിശുദ്ധിയാരുടെ വല്ല എൺപത് പാവത്തിന്മേൽ നാം ജയം കൊണ്ട ഒരു ജീവിയം പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നത് പാപത്തിന്റെ മേൽ ജയമുള്ള ഒരു ജീവിതമാണ് ദേവനെ മഹിപ്പെടുത്തുക ഒരു ജീവിയം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം അനുദിനവാൾക്കെ നമ്മുടെ വാഴയിൽ അണ്ടരാടം നാം ക്രിസ്തുക്കിൻ നാം സിൽവെടുത്ത ഒരു പിൻഷൽഗ്ര ശീഷുത്വവാൾക്കെ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദിനംതോറും ക്രൂശെടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്ന ഒരു ജീവിതം നാം സഹോദരി കൂടെ നാം ഐക്കൊണ്ടാണ് ഐക്യം സഹോദരന്മാരോട് സഹോദരി സഹോദരന്മാരോടുള്ള കൂട്ടായ്മയിൽ നാം ജീവിക്കുന്ന ഒരു ജീവനാണ് ഉള്ളെ ഇതിൽ താൻ നാം നമ്മുടെ നിത്യജീവൻ പാതുക്കാക്കപ്പെട്ടിരിക്കും പ്രിയ സൗദരിസവന്മാരെ ഇപ്രകാരമുള്ള ഒരു ജീവിതത്തിലാണ് നമ്മുടെ നിത്യജീവൻ അത് നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് മുറുകെ പിടിക്കുവാൻ കഴിയുക ലുക്ക സുവിശേഷം മൂന്നാം അധികാരം ലൂക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വസനത്തിൽ നാം ഇവിടെ വാസിക്കറും ലൂക്കോസ് മൂന്നിൻ്റെ പതിനാറിൽ നാം ഇപ്രകാരം വായിക്കുന്നു യോവാൻസ് നാടകൻ യേസു ക്രിസ്തയെ കുറിച്ച് തീർക്ക ദർശനം സ്വന്ത വാർത്തയും യോഹനാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പ്രഭ പ്രപചനപരമായി പറഞ്ഞ വാ വാക്കുകൾ നാ തീരിനാൽ നാ ഉ ഞാന സ്ഥാനം കൊടുക്കേൻ ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനപ്പെടുത്തുന്ന ആണാൽ യേശുവാനോ ഉണ്ടെ പരിശുദ്ധ ആവാലും അക്കിനാലും ഉങ്ങൾക്ക് ഞാനസ്ഥാനം കൊടുപ്പർ എറാർ എന്നാൽ യേശു നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും പ്രിയമാണോ പരിശുദ്ധ ആവിനാലും അക്കിനാലും ദേവൻ നമ്മ ഞാനസ്ഥാനം കൊടുക്ക വിരുപ്പം ഉള്ളവരായി വാഞ്ചി ഉള്ളവരായിരിക്കാർ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും നിങ്ങളെ സ്നാനം കഴിപ്പിക്കുവാൻ കർത്താവ് വാഞ്ചിയുള്ളവനാണ് അതക്കു മുൻതാകേ യോവാൻ ഇന്ന് വസനത്തെ മുൻതാ ഇന്നൊരു കാര്യത്തെ ഈ വാക്യം പറയുന്നതിന് മുമ്പ് യോഹന്ന മറ്റൊരു കാര്യം അവിടെ പ്രസ്താവിക്കുന്നു നാലാം വസനത്തിൽ നാലാം വാക്യം പള്ളങ്ങളെല്ലാം നരപ്പടും എല്ലാ താഴ്വരെയും നികന്നു വരും അഞ്ചാം വാക്യം പള്ളങ്ങളെല്ലാം എന്നാൽ നമ്മുടെ ഇങ്ങനെ അത്തനെയും നമ്മുടെ ജന്മസ്വാവം നമ്മുടെ ആഡമിക് നേച്ചർ ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മുടെ ആദാമ്യ സ്വഭാവങ്ങളാണ് പല്ലങ്ങളെല്ലാം നിരപ്പടും എല്ലാ താഴ്വരയും നികന്നു വരും അത് തന്നെ പല്ലം ഇൻഫീരിയർ കോംപ്ലക്സ് അത് അപകർഷിതാ ബോധം ചിന്തകൾ ഒരിതുമാണ് കോഴൈത്തനം നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാത്തതുപോലെ നിസ്സഹായമായ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഒരു ഭയപ്പെടുന്ന ഭയപ്പെടുന്നതാണ് കാര്യം ഭയത്തിൻ്റെയും ആശങ്കയുടെയും ജീവിത അവസരങ്ങൾ യേശു ക്രിസ്തുക്കേണ്ടി സാക്ഷ്യ ഇരിക്ക കൂടാതെ പിടിക്കും ഭയപ്പെടുക ഒരു വിഷയം യേശുവിന്റെ സാക്ഷിയായി ധൈര്യത്തോടെ നിൽക്കുന്നതിന് ഒരു അവസ്ഥ ഒരു കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ താഴ്വരയുടെ അനുഭവങ്ങളാണ് പരിശുദ്ധാവിയാണ്വരുടെ നെവ് വേറുമ്പോഴും നിറവ് നിങ്ങൾക്ക് ഈ താഴ്വരകൾ അത് നിറയപ്പെടും ചിലരുടെ മലകൾ കുണ്ടുകൾ താഴ്ത്തപ്പെടും അവിടെ മറ്റൊരു കാര്യം അവിടെ പറയുന്നത് എല്ലാം മലയും കുന്നും താഴും മലകൾ ഞാൻ ഒരു ചില മനുഷ്യരുടെ പെരുമയ മലയളവുക്ക് ചിലരുടെ പെരുമയ കുറ അളവ് ചില മനുഷ്യരുടെ നികളം അതൊരു പർവ്വതം പോലെയാണ് ചിലരുടെ നികളം അതൊരു കുന്നു പോലെയാണ് തങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടെ ഒരു പെരുമയാർക്കലാം ഒരുപക്ഷെ തങ്ങളുടെ പശ്ചാത്തലത്തെ കുറിച്ചുള്ള തങ്ങളുടെ പഠിപ്പെ കുറിച്ചതാണ് തങ്ങളുടെ പഠിപ്പ് തങ്ങളുടെ തങ്ങളുടെ കുളിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു നികളമായിരിക്കും തങ്ങളുടെ അഴകുറത്ത കാര്യങ്ങളാർക്കലാം തങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ചുള്ള തങ്ങളുടെ ടേലൻ് കുറിച്ച പെരുമയായിക്കലാം തങ്ങളുടെ താലന്ുകളെ കുറിച്ചുള്ള തങ്ങളുടെ ഫേമിലിക്രൗണ്ട് കുറച്ച പെരുമുകളായിരിക്കലും തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തെ കുറിച്ച് ഉള്ള നികളമായിരിക്കാം നമ്മുടെ വല്ല നമ്മേൽ വരുമ്പോഴും എല്ലാ മലയളവാന പെരുമ കുറവാണ് പെരുമെ എല്ലാം താഴ്ത്തപ്പെടും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നമ്മുടെ മേൽ വരുമ്പോൾ മല പോലെയുള്ള കുന്നുപോലെയുള്ള എല്ലാ ഉയർച്ചകളും അത് താഴും അതിനെ തുടർന്ന് നാം വായിക്കുന്നു വളഞ്ഞത് ചൊവ്വായും ജീവിതത്തിലുള്ള ഈ തരത്തിലുള്ള വളഞ്ഞ കാര്യങ്ങൾ സർപ്പത്തി നേരവേ പോകാൻ സർപ്പത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പാമ്പിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പാമ്പിന് നേരെ പോകുവാൻ കഴിയുകയില്ലേ അതിന് നേരെ പോകുവാൻ കഴിയുകയില്ല അത് എങ്ങനെ വളഞ്ഞ് വളഞ്ഞാണ് പോകും അപടി ജന്മപിതാക്കളോട് കല്ലൂരിയിലും സഭയിലും അരുമയാണ് വാലിപ്ലേ പ്രിയ ചെറുപ്പകാര ചെറുപ്പകാരി കോണലാണെങ്കിൽ വെറുമുറ നിങ്ങളുടെ ജീവിതത്തിലെ വളഞ്ഞത് ചൊവ്വാകണം നേരെയാകണം എന്ന് ദൈവം ആഗ്രഹിക്കും എല്ലാം ഹിഡൻ ആണ് ഒരുതരം കാപട്യം നിറഞ്ഞ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് സത്യസന്ധതയും ഇല്ലാത്ത കാര്യങ്ങൾ ഇവകളെല്ലാം സെവയാകും ദൈവവചനം പറയുന്നു ഇതെല്ലാം അത് നേരെയാകണം ചൊവ്വാകണം കരടാണവികൾ സമമാക വേണം ദുർഘമാണ് ദുർഘടമായത് നിരന്ന വഴിയായി തീരണം റഫ്നെസ് ജീവിതത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇപ്രകാരമുള്ള കാർക്കശ്യ സ്വഭാവം ഹാർഡ്നെസ് എല്ലാ കഠിനത പേഴ്സൺ മറ്റുള്ളവർക്ക് നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ കഴിയാതെ നിങ്ങൾ ഒരു ദൂരെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ പ്രിയമാണ് ഇതെല്ലാം നമ്മുടെ ജന്മ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ആദാമ്യ സ്വഭാവമാണ് ബലവാനായൊരുവൻ അവൻ നിങ്ങൾക്ക് അഗ്നിയാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും പ്രിയമാണോ വിഴുമ്പോഴാണ് ഇവകളിലെ നാം ാലാണ് സംഭവിക്കുന്നത് സിനിമ വിട്ടേ ബീഡിയെ വിട്ടേ സിഗരറ്റ് വിട്ടേ രക്ഷിക്കപ്പെട്ടേ കൂടാതെ ഞാൻ സിനിമ ഇപ്പോൾ കാണുന്നില്ല ഞാൻ ബീഡി വലിക്കുന്നില്ല സിഗരറ്റ് വലിക്കുന്നില്ല എന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിലുള്ള രക്ഷ അത് സോല്യൂഷൻ അത് രക്ഷയല്ല അത് ഒരു വെങ്കായത്തിനു ഔട്ടർ ലേലിക്കുന്നത് ഒരു ഉള്ളിയുടെ ഏറ്റവും പുറത്തെ തൊലി പൊളിക്കുന്നത് പോലെ മാത്രമുള്ള ഒരു കാര്യമാണ് വിട്ടതിനാൽ രക്ഷിക്കപ്പെട്ടേസ്തക്കത് ബാഹ്യമായ മറ്റുള്ളവർക്ക് കാണാവുന്ന ചില പാവങ്ങൾ നിങ്ങൾ വിട്ടു എന്നതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് അത് ഓക്കെ അതൊരു തുടക്കമാണ് നിങ്ങളുടെ ആ ഒരു യാത്ര യഥാർത്ഥത്തിൽ രക്ഷിപ്പിക്കണ ുംങ്കിപ്പല്ലേറും പ്രിയമുള്ളവര് ഈ ഉള്ളിയുടെ ഏറ്റവും പുറമേ ഉള്ള തൊലി പൊളിക്കുന്നത് മാത്രമല്ല യഥാർത്ഥത്തിലുള്ള രക്ഷ അതിന് ഉള്ളിലുള്ള ഓരോ ഉള്ളിയുടെ അത് പൊളിച്ച് മാറ്റപ്പെടേണ്ടതുണ്ട് ഇത് മാത്രമേ കൂടും ഇത് പരിശുദ്ധാത്മാവിന് മാത്രമേ ഈ ഒരു പ്രവൃത്തിയാൽ മാത്രമേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാവുകയുള്ളൂ രണ്ടാമത് നിരൂപത്തിൽ രണ്ടാം ലേഖനത്തിൽ കിണ്ടാം അഴിക്കപ്പെട്ടിരിക്കും ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അത് വേണം അഴിപ്പ് വളരെ വിലയേറിയ വിശ്വാസം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു അത് വിശ്വാസം നമുക്ക് അരുളപ്പെട്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ആ വിശ്വാസം നമുക്ക് ദൈവം നൽകിയിരിക്കും പങ്കുളകും കർത്താവേ ദിവ്യ സ്വഭാവത്തിന് ഞാൻ പങ്കാളിയാകുമാർത്തേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നെ ഹൃദയത്തിലുണ്ടാകും നിങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കുന്നില്ലല്ലോ അമേൻ നാം വിശ്വാസത്തോട് നാം വിശ്വാസത്തോടെ ദാഹത്തോടെ നമുക്ക് ഇന്ന് വൈകുന്നേരം ഇവിടെ ആയിരിക്കാം ഓക്കെ നമ്മെ നിരപ്പ യും നമ്മുടെ ചുറ്റിനും വളരെ കാപട്ടിക്കാരായാളമുണ്ട് കള്ളത്തനമാണ് നമ്മുടെ പുറത്ത് ഒരു കാപ്പിയും നിറഞ്ഞ ക്രിസ്തീയതും ഇന്ന് നാം കാണുന്നുണ്ട് ഇപ്രകാരമുള്ള കാപ്പിക്കാരായ പാസ്റ്റർമാരുടെ ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ചെയ്യുന്ന അവരുടെ ആ പ്രവർത്തനത്തിന്റെ വീഡിയോ ക്ലിപ്സ് എന്റെ മക്കൾ എന്നെ കാണിച്ചിട്ടുണ്ട് എല്ലാം എല്ലാമേ ആളുകളെ വഞ്ചിക്കുന്ന വളരെ കാപട്ടി പ്രവർത്തികൾ ഇവിടെ അവരിങ്ങനെ പറയുന്നു ഞാൻ ഏറ്റെതിന് പരിശുദ്ധാവിയാണ് ഒരു അഗ്നി ഇന്നലെ പരിശുദ്ധ അഗ്നിയാൽ ഞാൻ എന്നോട് എരിച്ചിൽ താങ്ങവേ മുടില്ല എന്നാലേ എനിക്ക് പരിശുദ്ധ ആ അഗ്നി ഇറങ്ങിയപ്പോഴുള്ള ആ ചൂട് ആ ഒരു ആ ഒരു കത്തൽ എനിക്ക് താങ്ങുവാൻ കഴിയുന്നില്ല ആ രണ്ട് ബക്കറ്റ് എടുത്ത് തന്നെ എടുത്ത് ഊത്തനെ ഞാൻ രണ്ട് ബക്കറ്റ് വെള്ളം എടുത്ത് എന്റെ മേൽ ഞാൻ ഒഴിച്ചു എല്ലാം ഫ്രോഡ് എല്ലാം ഫ്രോഡ് പാസ്റ്റേറ്റ് ഇതെല്ലാം കാബ്യം ക്ഷ്യങ്ങളാണ് രണ്ട് ബക്കറ്റ് ഒഴിച്ചു എന്റെ ശരീരം മുഴുവൻ പൂർണ്ണമായും ഇതല്ല നമുക്ക് വേണ്ടത് നമുക്ക് അഭിഷേകം നമുക്ക് യഥാർത്ഥത്തിലുള്ള അഗ്നി നമുക്ക് ആവശ്യമാണ് അഭിഷേകം നമുക്ക് ആവശ്യമാണ് വേദത്തിൽ മുതലാവ് സ്ഥലം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ ആ ആദ്യാഹം നാലാധികാരത്തിൽ ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായത്തിൽ അവിടെ അഗ്നി ഇറങ്ങിയതായി നാം വായിക്കുന്നില്ല ആബേലുടേ ബലിയിൽ അഗ്നിക്കും ആബേലിന്റെ ആ യാഗത്തിൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങിയിട്ടുണ്ടാകും അഗ്നി വീഴുന്നതാൻ സാക്ഷി കൊടുത്തിരിക്കും അവിടെ അപ്രകാരം ദൈവത്തിന്റെ തീ ഇറങ്ങിയിട്ടാണ് അവിടെ ദൈവം അതിനെ അംഗീകരിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുന്നു യാഗം അത് അംഗീകരിക്കപ്പെട്ടു മറ്റൊരു അംഗീകരിക്കപ്പെട്ടില്ല ഫയർ വെളുതാ കായിക്കേര് തീർച്ചയായും ദൈവത്തിന്റെ അഗ്നി അവിടെ ഇറങ്ങിയത് കൊണ്ടാണ് കായിന് ആ വ്യത്യാസം മനസ്സിലായത് ഓക്കെ അതെങ്കിൽ ഹിൽ സ്റ്റേഷനാ കാക്ഷിട്ടാലും അവിടെ അത് വ്യക്തമായി പറയുന്നില്ല എങ്കിലും ആദ്യം യാത്രാവും പുസ്തകം മൂന്നാമധികാരത്തിൽ പുറപ്പാട് മൂന്നാം അധ്യായത്തിൽ നാം ഇങ്ങെ വാസിക്കണം അഗ്നിയും മുതലാമത് അതിൻ്റെ ഇടത്തിൽ അവിടെ വ്യക്തമായി അഗ്നി ഇറങ്ങുന്നതായി ആദ്യമായി നാം അവിടെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കാം ദൈവരുടെ ഡെല്ലിംഗ് പ്ലേസ് ഫയറിനുടേ ഡിംഗ് പ്ലേസ് അത് അവിടെ അത് തീയുടെ ഒരു ഇരിപ്പിടമാണത് നാം ഇങ്ങനെ രണ്ടാം വസനത്തിൽ വാസിക്കണം രണ്ടാം വാക്യം അവിടെ യഹോയുടെ നമ്മുടെ അഗ്നി നടുവിലാണ് വന്നത് എവിടെയാണ് വന്നത് എന്നെ നമുക്ക് ഒരു നമ്പിക്കളിക്കൂടിയതാണ് ഒരു വാർത്ത എന്നാൽ അവിടെ നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന പ്രത്യാശ നൽകുന്ന ഒരു വാക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ആപ്പിൾ ട്രീല വന്നത് അവിടെ പറയുന്നത് ഒരു നല്ല പച്ചയായി നിൽക്കുന്ന ഒരു ആപ്പിൾ മരത്തിന്റെ അടുത്ത ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി എന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു മാങ്കോ ട്രീല ഒന്ന് വിളുദ്ച്ചേ അവിടെ മാങ്ങ നിറഞ്ഞിരിക്കുന്ന ഒരു മാങ്ങ ഒരു മാവിന്റെ മുകളിൽ തീ വന്നു എന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ല അല്ല വിളിന്തതില വെണ്ടാൽ ഒരു മുടിയത്െയ പ്രതീക്ഷ നൽകുന്ന ഒരു അപ്പിയാസ് യുവേ യുവതി മുച്ചടി പോലെ നാണും ഒരുപക്ഷെ നമ്മുടെ ജീവിതം നിങ്ങളുടെയും എൻ്റെയും ജീവിതം ഇപ്രകാരമുള്ള ഒരു മുൾ പടർപ്പ് പോലെ വരേണ്ട ഒരു ജീവിതമാണോ ആയിരിക്കാം ഒരു അൺഅപ്രോച്ചബിൾ പേഴ്സൺ ആണ് മറക്കലാം ഒരുപക്ഷെ മുള്ളുപോലെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഒരു ശാപം മാർക്കളാം നിങ്ങൾ ഒരു ശാപമായി നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ പേരൻസ് നോവ തലവളിയാർക്കെ ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എപ്പോഴും ഒരു തലവേദനയായി നിങ്ങൾ ആയിരിക്കാം ഒരു അഗ്ലിയാർക്കലാണ് ഒരു അസിംഗം മാർക്കലാണ് എല്ലാവരും നിങ്ങളെ നോക്കി നിങ്ങൾ നിങ്ങൾ നിങ്ങൾ വൃത്തികെട്ടവനാണ് എന്ന് പറയുന്നു ഒരു അരൂറിപ്പാണ് അബാമിനേഷനാ കൂടെ നിങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വെറുപ്പുളവാക്കുന്ന ഒരു ജീവിതമായിരിക്കാം നിങ്ങളുടേത് ഫയർ എങ്കെ വിഴുന്നതാൽ ഇവിടെ ഇതാ തീ എവിടെയാണ് വീണത് മുട്ടടിയിൽ വിഴുന്നത് മുൾപ്പടർപ്പിലാണ് ദൈവത്തിന്റെ തീ ഇറങ്ങിയത് വിശ്വാസമായ ാണ് എന്റെ ഉടൻപിന്നാണ് കുത്തരൻ എന്റെ കൂടെ സഹോദരൻമാരെ സഹോദരി സഹോദരൻമാരെ ഞാൻ ആർക്കും എന്നെ തിരുത്തുവാൻ കഴിയാത്ത സ്വഭാവമുള്ളവനാണ് ഭാരം മാർക്കേ മറ്റുള്ളവർക്ക് ാണ് രണ്ടത്തിനിപ്പം രണ്ടാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ ഇതാ ഇതാ നമ്മളുടെ നേച്ചർ നമ്മളുടെ താ താൻസ് മുച്ചടിയാകുന്ന നേച്ചർ തന്നെ നമ്മുടെ സ്വാവം മുൾ പോലെയുള്ള ആ ഒരു സ്വഭാവം അതാണ് നമ്മുടെ സ്വഭാവം ഒരു അറുപാനും സ്വഭാവം മറ്റുള്ളവർക്ക് വെറുപ്പിളവാക്കുന്ന സ്വഭാവം അതിനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് വായിക്കാം വാക്യം ഗൃഹവും ഇസ്രായേൽ ഗൃഹവും ഇസ്രായേൽ ഗൃഹവുമായുള്ളവരെ നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നത് പോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കുകയും നിങ്ങൾ ഭയപ്പെടാതെ പുറജാതികൾക്കുള്ള ശാപമായിരുന്നത് പോലെ നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾ അനുഗ്രഹമായി തീരും ഇത് എപ്പിടി സാധ്യമേനവേണ്ട ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് എനിക്ക് എങ്ങനെയാണ് അഗ്നി ഇറങ്ങിയ നാം വാസിക്കുമോ മറുപടി മൂന്നാം അധികാരത്തിന് പുറപ്പാട് വസ്തു മൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിക്കാം അതിലെ ഫയർ വിഴുന്നതിന് പേര് അഗ്നി വീണതിനു ശേഷം മൂന്നാമത്തെ വാക്യം വളരെ അധികം ആഗ്രഹത്തോടെ ഇഷ്ടത്തോടെ വായിക്കുന്ന ഒരു വാക്യം രണ്ട് ഫ്രേസസ് നാണിക്കേസ് നിങ്ങളെ കാണിക്കട്ടെ മോസെ എന്നാൽ മുട്ടടി വെന്ത് പോകാമത് എന്ന മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന കാഴ്ച എന്ത് എന്നാണ് മോശ ചോദിക്കുന്നത് അടുത്ത രണ്ടാമത് കാര്യം രണ്ടാമത് രണ്ടാമത് ഫ്രീസ് അത്ഭുത കാക്ഷിയായി ഇവിടെ ഈ കാണുന്ന ഈ വലിയ കാഴ്ച എന്ത് എന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ രണ്ടു കാര്യങ്ങൾ മോശ പറയും ഞാൻ അടുക്ക ചെന്ന് ചെന്ന് നോക്കട്ടെ എന്റെ അത്ഭുത കാഴ്ചയെ പാർപ്പേൻ ഈ വലിയ കാഴ്ച ഈ അത്ഭുതകരമായ വലിയ കാഴ്ച എനിക്ക് കാണണം മുന്നാലേ അഗ്നി വരാതിരുന്നതിന് മുമ്പ് നമ്മൾ ഫയർ വിഴുവാതാകെ നമ്മുടെ മേൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുന്നതിന് മുമ്പ് ആരും നമ്മളുടെ കിട്ട വര ആർക്കും നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ കഴിയുകയില്ല ഇനെ നമ്മളുടെ ജന്മ സ്വാഭാവം മനുഷ്യന് പുറമെ തള്ളി നമ്മുടെ ആദാമി സ്വഭാവം മറ്റുള്ളവരെ നമ്മൾ അകറ്റുന്ന സ്വഭാവം നമ്മുടെ പെരുമൈ നമ്മുടെ നികളും നമ്മുടെ കഠിനമായ ഈ റഫായിട്ടുള്ള ഈ നമ്മുടെ സ്വഭാവം നമ്മുടെ അങ്ങനെ ഉള്ള വില പോലെ നിങ്ങളെ കണ്ട് ഈ ഹാലിൽ നിന്ന് മറ്റാരെങ്കിലും മാറിപ്പോകുന്നു എങ്കിൽ നിങ്ങളുടെ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങളുടെ ഉണ്ട് എങ്കിൽ നോക്കി അത് ഒരു അത്ഭുതകരമായ ഒരു വലിയ കാഴ്ചയാണ് അർഭുതമാണ് വാലിബ സഹോദരൻ ഈ ചെറുപ്പക്കാരനായ സഹോദരൻ ഈ ചെറുപ്പക്കാരനായ സഹോദരി അവരുടെ ജീവിതത്തിൽ ഒരു ഒരു വലിയ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് അവരുടെ ജീവിതം അത്ഭുതമാണ് പയ്യെ വളരെ അത്ഭുതകരമായ ഒരു ജീവിതത്തിന്റെ ഉടമയാണ് ഈ ചെറുപ്പക്കാരൻഷിപ്പ് വെച്ചുകിട്ടോ ഞാൻ ആ വ്യക്തിയോടൊപ്പം ഉള്ള കൂട്ടായ്മ ഞാൻ ആഗ്രഹിക്കുന്നു സമയം ചെലവഴിക്കട്ടെ കൂട്ടായ്മ ആചരിക്കട്ടെ അത്ഭുത കാഴ്ച അതൊരു വലിയ കാഴ്ചയായിരിക്കും നമ്മുടെ അടുക്കിലേക്ക് മറ്റുള്ളവർ വരും എപ്പോഴാൽ എപ്പോഴാണത് സംഭവി നമ്മുടെ മേൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുമ്പോഴ അഗ്നി ഇല്ലാത്ത പക്ഷത്തിൽ നാം മുട്ടിയാതാ പോകാം അഗ്നിയില്ല എങ്കിൽ നാം മറ്റുള്ളവരെ കുത്തുന്ന വെറും ഒരു മുൾച്ചെടി മാത്രമായിരിക്കും പോണം മറ്റുള്ളവർക്ക് നാം ഒരു ശാപമായിട്ട് മറ്റൊരു സംഗീതം സങ്കീർത്തനം സംഗീതം ആറാവത് അസനം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ആറാം വാക്യം ഡേവിഡിനുടേ പ്രബല്യമാണ് ഒരു സംഗീതം ദാവിദിന്റെ വളരെ നമുക്ക് പരിചയമുള്ള ഒരു സംഗീതം നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും യും എന്നെര ഞാൻ പോകുന്ന ഇടങ്ങളിൽ നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും സംഭവിക്കുക ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ സ്കൂളിലെ ജീവിതത്തിലും സ്പോട്ട് നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഉറവിനെ മധ്യയിലെ പോലും നിങ്ങളുടെ ബന്ധുക്കളുടെ അടുക്കിലേക്ക് നിങ്ങൾ പോയാലും ട്രാവലിലും നിങ്ങളൊരു യാത്രയിലാണെങ്കിലും കൃപയും ഫോളോ പണിയിട്ടേ വരും നന്മയും കൃപയും നിങ്ങളുടെ പുറകെ വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും അഭിഷേകം ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങുമ്പോഴാണ് അത് സംഭവിക്കുക ചിലവേർ എങ്കു പോണാലും പ്രശ്നതാ ചില ആളുകൾ ചില വ്യക്തികൾ എവിടെ പോയാലും പ്രശ്നമാണ് കേസ് പോരടങ്ങളിലെല്ലാം എവിടെ ചെന്നാലും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളും കൺഫ്യൂഷൻസുമാണ് ഉണ്ടാവുക പ്രശ്നങ്ങൾ പ്രോബ്ലം സണ്ടെകൾ പ്രശ്നങ്ങൾ വഴക്കുകൾ ഒക്കെയാണ് അവിടെ ഉണ്ടാവുക ദൈവം അത് തന്നെ ശാപമാക്കരുത് അതാണ് ഒരു ശാപത്തിന്റെ അവസ്ഥയാണ് എപ്പോൾ ബ്ലെസ്സിംഗ് ആർക്കു മുടിയും എപ്പോഴാണ് നമുക്ക് ഒരു അനുഗ്രഹമായി തീരുന്നത് കക്കിനി വർണ്ണു എന്റെ മേൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുമ്പോൾ അത് രൂപ അഴകാന ഒരു ആപ്പിളിലെയോ മാങ്കോ ട്രീലെയോ അല്ല പ്രിയമുള്ളവരെ അത് ഒരു വളരെ മനോഹരമായ ഒരു ആപ്പിൾ മരത്തിലോ മാവിലോ അല്ല ആ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങിയത് പറയുമോ ആ ഒരു മുൾപ്പടർപ്പ് ഞാനാണ് ആ ഒരു മുൾപടർപ്പ് ഞാനാണ് അഗ്നിക്കുമ്പോഴാണ് ഉള്ളിൽ എന്റെ അകത്ത് ഞാൻ ഇപ്രകാരമുള്ള ഒരു മുൾപടർപ്പാണ് എന്നോട് കരുണ കാണിക്കുക എന്നെ അഭിഷേകങ്ങയെ എന്നെ നിറയ്ക്കണമേ കർത്താവെ എന്നെ ആസ്വാദമായി മാറ്റുന്നേ ഒരു അനുഗ്രഹമാക്കി എന്റെ ജീവിതത്തെ മാറ്റണമേ കർത്താവെ എന്റെ വാഞ്ചി വിറുപ്പമുള്ളവരുടെ രാത്രിയിലെ ദൈവം നിറപ്പും ഇപ്രകാരം ആഗ്രഹവും താല്പര്യവും ദാഹവും ഉള്ളവരുടെ ഉള്ളവരെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ് ഉള്ള വാട്ടർ ബാറ്റിൽ ലേറ്റ് ആവാം ഒന്ന് പ്രശ്നല്ലേ നിങ്ങളുടെ ജലത്തിലുള്ള നിങ്ങളുടെ സ്നാനത്തിന് നിങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനുപോലും സാരമില്ല അത് പിന്നാലെല്ലാം വരല്ല ഒന്ന് പ്രശ്നല്ലേ അത് പിന്നീട് നിങ്ങൾ സ്നാനപ്പെട്ടാലും അതിന് മുമ്പ് പോലും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു നിറവ് നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ലോജിക്കലായിട്ട് ഇങ്ങനെ ബുദ്ധിപരമായി ചിന്തിച്ച് ഒന്ന് ഇങ്ങനെ രണ്ട് ഇങ്ങനെ മൂന്ന് ഇങ്ങനെ ആ രീതിയിലാണ് ദൈവം നമ്മെ നിറയ്ക്കുക എന്ന് നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഈ മുൾപ്പടർപ്പിൽ എവിടെയാണ് അഗ്നി ഇറങ്ങേണ്ടത് ഒരു നാല് പ്ലേസസ് എന്നാണ് കാണിക്ക് വെറും പുരൻ നാല് സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കട്ടെ മുതലാവ് നമ്മുടെ കണുകളിൽ അഗ്നി അഭിഷേകർ നമ്മുടെ കണുകളിലെ നമ്മുടെ കണ്ണുകളിൽ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങേണ്ടതുണ്ട് ദൈവ വാസനത്തെ നാണിക്ക് വരുമ്പറ വെളിപ്പെടുത്തി വിശേഷം ഒന്നാം അധികാരം പതിനാകാം ആസനം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം നാലാം വാക്യം ഫയർ എന്ന അഭിഷേകം അഗ്നി എങ്ക വിളവേണ്ടാൽ ഒന്നാം അധ്യായം ഒത്തത് അവരുടെ കണ്ണുകൾ അഗ്നി ജ്വാലയെപ്പോൾ ഇവിടെ ഇതാ ദൈവത്തിന്റെ കണ്ണ് അഗ്നി ജ്വാലും അത് ഉയർത്തെഴുന്ന ആണ്ടവരെ കുറത്തതാണ് വസനമായിരുന്നാലും ഇത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വാക്യം ആണെങ്കിലും അവർ ഭൂമിയിൽ വാഴുന്ന നാട്ടിൽ അവരുടെ കണ്ണുകൾ അഗ്നിജ്വാലയായിരുന്നത് ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശു കണ്ണ് അഗ്നി ജ്വാലയ്ക്ക് കണ്ണുകളായിരുന്നു അത് ഉയർത്തെഴുന്നതിന് പിറകെ അവരുടെ കണ്ണുകൾ എവിടെ കാണപ്പെടുക ഉയർത്തെഴുന്നേറ്റ ശേഷം മറ്റുള്ളവർക്ക് അപ്രകാരമാണ് ദർശിക്കുന്നതെങ്കിലും പ്രിയമാണ് വിസിബിളാണ് ഒരു ഫയർ അത് മറ്റുള്ളവർക്ക് കാണാവുന്നത് പോലെ നമ്മുടെ കണ്ണ് കത്തുകയല്ല ഒരു ഇൻവിസിബിൾ ഫയർ നമ്മുടെ കണ്ണുകളിരുന്ന് കിട്ടേയിരിക്കണം നമുക്ക് നമ്മുടെ കണ്ണുകളിൽ മറ്റുള്ളവർക്ക് കാണുവാൻ ഒരുപക്ഷെ കഴിയാത്ത ഒരു അഗ്നി നമ്മുടെ കണ്ണുകളിൽ ഉണ്ടാകണം വസനം നമ്മൾ ഓവരോർക്കും സ്വലപ്പെടുന്നു വസനം നിറവേറണു ഈ വാക്യം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഇത് നിറവേറേണ്ടതും COM다, <laughs> <130 obsession> <jamo>. ും അഗ്നിൽക്കണേ നിങ്ങളുടെ കണ്ണുകളിലും അഗ്നി ജ്വാല നിങ്ങളുടെ കണ്ണുകളിലും ഉണ്ടാക്കണം അരുമയാണ് അഗ്നി ജ്വാല പക്ഷത്തിൽ പ്രിയമുള്ളവരെ ഈ അഗ്നി ജ്വാല നിങ്ങളുടെ കണ്ണുകളിൽ ഉണ്ടെങ്കിൽ നീതിമുടികളിൽ പുസ്തകം തൃപ്പ വേണ്ട പുറപ്പാട് പുസ്തകത്തിൽ പ്രകൃതം ഒരു വാക്യമുണ്ട് ആറാം അധികാരത്തിൽ ആറാം വാക്യം ആറാം അധ്യായം പതിനെട്ടാം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വസനങ്ങളിൽ ഹാട്ടി ഐസ് വാസിക്കണം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ നികളമുള്ള ഗർവമുള്ള കണ്ണുകൾ എന്ന് നാം അവിടെ വായിക്കുന്നത് അക്കിനി ഇതിൽ ഇരിക്കും പക്ഷത്തിൽ ിൽ നിന്നും പരിശുദ്ധാത്മാവ് എരിച്ചു കളയും പീറ്റർ തന്നെ രണ്ടാമത്തെ ലേഖനത്തിൽ അവസാനത്തിൽ രണ്ടാം അധ്യായം ധികാരം പതിനാല് ആസനം രണ്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ നിറഞ്ഞ കണ്ണുകൾ എന്ന് നാം അവിടെ വായിക്കുന്നു കണ്ണുകൾ ഇച്ഛ നിറയുന്ന കണ്ണുകൾ നിറയെന്ത കണ്ണുകൾ മോഹം വ്യഭിചാരത്തിന്റെ ചിന്തകൾ നിറഞ്ഞ കണ്ണുകൾ പരിശുദ്ധ അഗ്നി പക്ഷത്തിൽ അത് പാവ ഇച്ഛകളെ മയക്കത്തെ അത് സുട്ടേരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ കണ്ണുകളിൽ നമ്മുടെ കണ്ണുകളിലുള്ള വ്യഭിചാരത്തിന്റെ മോഹത്തിന്റെ ആ ലാഞ്ചനയെ ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി എരിച്ചു ഒരു താല്പര്യം പോലും നമ്മുടെ കണ്ണുകളിൽ നിന്ന് നീക്കുവാറ് നമ്മുടെ അഗ്നി കണ്ണുകളിൽ അപ്രകാരം ചുട്ടരിച്ചു ആ മോഹത്തെ ചുട്ടരിച്ചുകളും യാതൊരു സെൽഫോണിലെയോ ആരെങ്കിലും ഒരു മൊബൈൽ ഫോണിലോ ഇന്റർനെറ്റിലെയോ ഇന്റർനെറ്റിലോ രഹസ്യമായി രഹസ്യമായി സീക്രട്ടിൽ ഒക്കെ ഒരു കാഴ്ച ഇച്ഛയാണ് ഒരു കാര്യത്തിൽ നിങ്ങൾ രഹസ്യമായി മറ്റാരും കാണാതെ അപ്രകാരം മോഹത്തിൻ്റെതായ ഒരു കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ക്ലിയറസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെന്റ് പ്രൂഫ് എന്നാൽ ഇൻ യുറൈസ് നിങ്ങളുടെ കണ്ണുകളിൽ പരിശുദ്ധാത്മാവന്റെ അഗ്നി ഇല്ല എന്നത് നൂറ് ഉറപ്പാണ് ിൽ ഇരുപതാം അധ്യായത്തിൽ മറ്റൊരു വിടക്ക് കണ്ണിനെ കുറിച്ച് നാം വായിക്കും കണ്ണൂർ അവിടെ അസൂയയുടെ കണ്ണുകൾ എന്ന് നാം വായിക്കുന്നു നെ കണ്ട് പുറാമപ്പെടുന്നത് മറ്റുള്ളവരെ കണ്ട് കണ്ണുകൾ കമ്പയർ പഠനം ചെയ്തുകൊണ്ട് നാം അടയരുത് മറ്റുള്ളവരുടെ നന്മയെ കാണുമ്പോൾ അസൂയ അവരുടെ വളർച്ചയെ കുറിച്ച് നാം പൊറാമപ്പെടരുത് അവർക്കുണ്ടാകുന്ന വളർച്ച നമുക്ക് നമ്മൾ അസൂയ ജനിപ്പിക്കുന്നു ഇപ്പോൾ പെട്ടതാണ് കണ്ണുകൾ ഇപ്രകാരമുള്ള മോശമായ കണ്ണുകൾ അൺപട്ട കണ്ണുകൾ സ്നേഹമില്ലാത്ത കണ്ണുകൾ കണ്ണുകൾ ഇറക്കമില്ലാത്ത കണ്ണുകൾ കരുണയില്ലാത്ത കണ്ണുകൾ ജീവിച്ച നാളുകളിൽ അവരുടെ കണ്ണുകൾ കണ്ണുകളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി എപ്പോഴും ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു പേതിരുവെ ഉമായി പത്രോസിനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ആ നോട്ടത്തിൽ തന്നെ ഉറ്റുനോക്കി പാർത്താർ തന്നെ തള്ളി പറഞ്ഞ പത്രി യേശുഗു തിരിഞ്ഞു നോക്കുന്നു അത് പാർവിലേയേ പേതുരു മണൻ കസെന്ന് എഴുതുവടെ ആ നോട്ടത്തിൽ തന്നെ പത്രോസ് ഇതാ അനിതാപത്തിന്റെ കണ്ണുനീർ ഒഴുക്കുന്നു എന്നെ ഒരു മണ്ണിക്കുന്നതാണ് ഒരു പാർവ ഇതാ ക്ഷമിക്കുന്ന ആ ഒരു നോട്ടം ഞായം എന്നെ കുറ്റപ്പെടുത്താതെ ഉള്ള നോട്ടം എന്നെ ഒരു കരിസനയാണ് ആർദ്രതയോടെയാണ് കർത്താവിന്റെ കണ്ണുകൾ എന്നെ നോക്കുന്നത് അവരുടെ സ്നേഹം നിറഞ്ഞ കണ്ണുകൾ മണ്ണിക്ക് കൂടിയതാണ് കണ്ണുകൾ പാർവക്ഷമിക്കുന്ന കണ്ണുകൾ പ്രിയമാണ് കണ്ണുകൾ അപേപ്പെട്ടതാണ് വല്ലമിനം മത്തിൽ പ്രിയമുള്ളവര് നമ്മുടെ കണ്ണുകളിൽ ഈ പ്രകാരമുള്ള ശക്തി നമ്മുടെ കണ്ണുകളിൽ ഉണ്ടാകണം അക്കിനി ജോലിയാണ് കണ്ണുകൾ അഗ്നി നിറഞ്ഞ കണ്ണുകൾ അത് മാത്രമല്ലേ കണ്ണുകളിലെ പരിശുദ്ധ അഗ്നി പക്ഷത്തിൽ അത് ഈ കണ്ണുകളിൽ പരിശുദ്ധ അഗ്നി നമ്മുടെ കണ്ണുകളിൽ ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ പറയട്ടെ നാം വാർത്തയിൽ ഇവിടെ വാസിക്കോം പരിശുദ്ധം ഉള്ളവർ ബാക്യവാനുക നാം ഇപ്രകാരം ദൈവ വായിക്കുന്നു ഹൃദയശുദ്ധിയുള്ളവർ ബാക്കി ദേവനെ ദർശിപ്പുകൾ അവർ ദൈവത്തെ കാണുന്നു എസ് ജീസസ് യാ പാത്താർ അഡാസ പാകവേലേ യേശു ക്രിസ്തു തന്നെ തള്ളി പറഞ്ഞ യൂദാസിനെ അല്ല യേശു ക്രിസ്തു കണ്ടത് ജീസസ് പിതാവിന്റെ കരത്തെ പാർട്ടി എന്നാൽ ക്രിസ്തു പിതാവിന്റെ കരത്തെയാണ് കണ്ടത് ഇത് എനിക്ക് പിതാവ് തന്നെ പാത്രം പാർട്ടി ഇതെനിക്ക് പിതാവ് തന്ന പാത്രമാണ് എന്ന് യേശുവിനെ കാണുവാൻ കഴിഞ്ഞു അവർ പാർക്കറ പാർവയിലെ അവർ പിതാവ് പാർക്ക മുടിഞ്ചിച്ച അവരാളെ തന്റെ എല്ലാ നോട്ടത്തിലും പിതാവിനെ കാണുവാൻ യേശുവിന് കഴിഞ്ഞു പഴയ ഉടൻപിടിക്കൽ മനുഷ്യർ അവൻ പരിശുദ്ധനാടിനാൽ ജോസഫ് പ്രകാരം വിശുദ്ധനായി അവനുക്ക് തീങ്കിത്ത സഹോദര പാർത്തു തന്നെ തനിക്ക് എതിരെ തിന്മ ചെയ്ത സഹോദരന്മാരെ നോക്കി ജോസഫ് പറയുന്നു അല്ലേ മുന്നേ അങ്ങനെ ഉപദ്രവം ചെയ്തതല്ല ദൈവം എന്നെ മുന്നേ ആദ്യമേ തന്നെ ദൈവം എന്നെ ഇവിടെ അയച്ചതാണ് നിങ്ങൾ എനിക്ക് തിങ്ക് ചെയ്യില്ലേ നിങ്ങൾ എനിക്ക് ദോഷം പ്രവർത്തിച്ചിട്ടില്ല ദേവൻ അത് നന്മയായി മാറ്റിനാർ ദൈവം അത് നന്മയ്ക്കായി മാറ്റി തീർത്തും ഇത് ദൈവമാണ് ദൈവത്തിന്റെ കരത്തെയാണ് ജോസഫ് കണ്ടത് പഴയ ഏർപ്പാട്ട് മനുഷ്യൻ ജോസഫ് പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ് ജോസഫ് അവരുടെ കണ്ണുകളിലെ പരിസുത്വം ജോസഫിനുടെ കണ്ണുകളിലെ പരിശുത്വം ജോസഫിന്റെ കണ്ണുകളിൽ വിശുദ്ധിയുണ്ടായിരുന്നു യാറാരുടെ കണ്ണുകളെല്ലാം പരിസുത്വർക്ക് അവരുടെ എല്ലാവരും ദേവനെ കാണാറുകൾ ആരുടെ ഒക്കെ കണ്ണുകളിൽ വിശുദ്ധിയുണ്ടോ ഹൃദയശുദ്ധിയുണ്ടോ അവർക്ക് ദൈവത്തെ കാണുവാൻ കഴിയും നിയമകാലഘട്ടത്തിൽ ജീവിച്ച് ഈ യോബ തന്റെ കണ്ണുകളോട് നിയമം ചെയ്തവനായി ഒരു സ്ത്രീയുടൻ ഒരു വാലിബ പെണ്ണിൻ മേൽ നാൻ മോഹമായി പാർക്കമ ഒരു കന്നുകയെ ഞാൻ എങ്ങനെ മോഹത്തോടു കൂടെ നോക്കുമെന്നാണ് ഈ യോബ പറയുന്നത് അവൻ കണ്ണുകളിൽ ഉടൻപിടിക്കെ ചെയ്തു കൊണ്ടവൻ കണ്ണിനോട് നിയമം ചെയ്തവൻ അവൻ ദേവനെ പാർത്താൻ അവൻ ദൈവത്തെ കണ്ടു ും ഒരുക്കാരൻഡ് ഓടി വന്ന് അവനോട് പറയുന്നു കൊണ്ടുപോയിട്ട് യജമാനെ കലയൊരു സർവൻറ്റ് വരാം ാണ് പരി തന്റെ സ്വന്തം മക്കളെ അവൻ യാകമായി അർപ്പിച്ചു എടുത്തൊണ്ടാ ദൈവം തന്നു ദൈവം എടുത്തു ുംർശിച്ച ദർശത്തു പിതാവിനെ കണ്ടവനാ പ്രിയമാണോ പാർക്ക മുടി തങ്ങളുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കണ്ടവനായിരുന്നു ഇവരല്ല അമ്മയാണ് നാം പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തെ കാണണമെങ്കിൽ ഈ കണ്ണുകളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കണ്ണുകളിൽ ഉണ്ടാവേണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ കഴിയും അവമാനത്തിലും നഷ്ടത്തിലും എല്ലാ നിങ്ങൾ ചെറുതാകുന്ന സാഹചര്യത്തിലും എല്ലാ അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലും എല്ലാ നഷ്ടത്തിലും എല്ലാ നിന്ദയുടെ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ കഴിയും இந்த கண்களல பரிசுத்த அக்கினி இருக்கும்பட்சத்தில் இந்த கண்களில் பரிசுத்த ஆத்மாவினுடைய அக்கினிുണ്ടെങ്കിൽ இந்த வேதத்தில் நீங்க వెలిచి பார்க்க முடியும் உங்களுக்கு தெய்வ வசனம் വായിக்கும்போது உங்களுக்கு వెలిచిని ലഭിക്കും நவாசிகரம் சங்கீத 118 ஆவது சங்கீதம் சங்கீர்த்தனம் 118 இல் nami प्रकारे வாசிக்கணும் சங்கீத புத்தகம் 118 ஆவது சங்கீதம் சங்கீர்த்தனம் 118 18 ஆசனம் 18 ஆம் வாக்கியம் அர்மியாவை வாலிபனே உங்களை உற்சாகப்படுத்த விரும்பிறேன் பிரியா சகோதரி சௌன்மரிய நான்ங்களை இளவாക്കളെ நான்ங்களை உற்சாக அநேக வாலிவு பிள்ளைகளுக்கு பைபிள் <gâ> of of <mudem> െ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ ുംഹത്വത്തെ കാണുവാൻ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ എപ്പ എപ്പറക്ക മുടും എപ്പോഴാണ് ഈ കണ്ണുകൾ ഇപ്രകാരം തുറക്കപ്പെടുക മുപ്പത്തി ഏഴാം അവസനം മുപ്പത്തി ഏഴാം വാക്യം ിൽ എന്നെ ജീവിപ്പിക്കണമേസ് അവിടെ ദൈവം ഒരു നൽകുമ്പോൾ അതിനോട് ചേർന്ന് ഒരു നിബന്ധനയുമുണ്ട് വ്യാജത്തെ നോക്കാതെ നമ്മുടെ കണ്ണുകളെ തിരിക്കണം അവിടെ നാം വിരുപ്പ അപ്രകാരം നിങ്ങൾ അപ്രകാരം എങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ണുകൾ തുറക്കപ്പെടും അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു വാക്യം കാണിക്കട്ടെ ഏസം മുപ്പത്തി മൂന്നാം അധികാരം അധ്യായം മുപ്പത്തി മൂന്നാം അധികാരം യും ചെയ്യുന്നവൻ അവസനം അവർക്ക് എന്താണ് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്വം പതിനേഴാം വാക്യത്തിൽ നാം വായിക്കുന്നു നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൂരത്തിലുള്ളതാണ് എന്താ കാണക്കൂടാതെ മഹിമയെ എന്താ നിത്യ പ്രവേശത്തെ നാം ഇപ്പോഴത്തെ നാം പാർക്ക ആ നിത്യമായ ദേശത്തെ ഇപ്പോൾ കാണുവാൻ കഴിയാത്ത ദൈവത്തിന്റെ മഹത്വത്തെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് വിശുദ്ധിയുള്ള കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ അടയ്ക്കുക നല്ല സൂനിലെ ആണ്ടോട്ടെ വെളിച്ചത്തെ കേപ്പവരേ ഉമ്മയ നാല് ആണ്ടോ കർത്താവേദ പിന്നാലെ വചനത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്ന പുറകിലാണല്ലോ അങ്ങയുടെ മഹത്വം ഉള്ളത് അപ്പൊ ആത്മാവിലൂടെ സംസാരിച്ചത് എവ്ലവായി കണ്ണണി നീ എത്രത്തോളം നിന്റെ കണ്ണിനെ നീ നിയന്ത്രണത്തോടെ സൂക്ഷിക്കുന്നുവോ ഇത് ഇതിൽ അഗ്നി കുറയവേ കൂടാതെ നീ അഗ്നി കുറയാതെ പിടിക്ക് പാത്തുക നിന്റെ കണ്ണിലുള്ള അഗ്നി നഷ്ടപ്പെടാതെ നീ സൂക്ഷിക്കുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് മഹിമയെ കാണിക്കാൻ ഞാൻ ദൈവ വചനത്തിലെ മഹിമകളെ ഞാൻ ഇത് എപ്പോഴാണ് ചെയ്യുക എന്ന് നിനക്ക് അറിയാമോ ഓ കണ് ഉള്ള നിന്റെ കണ്ണിലുള്ള ആ അഗ്നി അഭിഷേകം അത് അല്പം പോലും കുറയരുത് ആ കണ്ണിലുള്ള അഭിഷേകം നിനക്ക് നഷ്ടപ്പെട്ടാൽ നിനക്ക് കണ്ണുകൊണ്ട് വചനത്തിലെ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയുകയില്ല എന്നാൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ ഉള്ള അഭിഷേകത്തെ ഇളക്കൈരാ നിങ്ങളുടെ കണ്ണിലെ ഈ അഭിഷേകം ഈ കണ്ണിലെ ഈ ജ്വലനം ആ ജ്വാലയെ എടുത്തു കളയുവാനാണ് പിശാജ് ശ്രമിക്കുന്നത് കൊഞ്ച് എങ്ങനെയെങ്കിലും വെള്ളമൊഴിച്ച് അതിനെ തണുപ്പിക്കുവാൻ കെടുത്തുവാനായിട്ട് ഉലീർ അത് ലോകത്തിന്റെ വെള്ളമാണ് പലവിധമാണ് കാര്യങ്ങളാകാം ഈ ലോകത്തിന്റെ വെള്ളം അത് പല പല കാര്യങ്ങളായിരിക്കാം എക്സാമ്പിൾ ഉണ്ടായി ഉദാഹരണത്തിന് ലാപ്ടോപ്പൂടെ ലാപ്ടോപ്പുമായി നാം ഇരിക്കുന്നു ഒരു ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അത് വായിച്ചു പെട്ടെന്ന് അവിടെ ഒരു ട്രെയിലർ ഒരു സിനിമയുടെ ട്രെയിലർ അവിടെ പോപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊങ്ങി വരുന്നു അതൊരു ഒറ്റ ഒരു ഒരു മിനിറ്റ് ആയിരിക്കാം അത് സംഭവിക്കുന്നത് ആ സമയം ഇതുപോലെ ചില ട്രെയിലേഴ്സ് വരും ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി എന്തെങ്കിലും വരും അല്ലാതെ ചില സമയങ്ങളിൽ ചില ചില ഗേൾസിനോടെ ഫോട്ടോ എവിടെ രണ്ട് സൈഡിലെ എപ്പോഴും പാപ്പ്മാർ ഇവിടെ വരും അപ്പം ഒരു പക്ഷേ ഏതെങ്കിലും ചില പെൺകുട്ടികളുടെ പടമായിരിക്കാം ഒരു സൈഡിലൂടെ അങ്ങനെ പൊങ്ങി വരുന്നു ഹാൻഡിൽ ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് ഇത് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല ഇത് എവിടെയാണ് ഇത് ക്ലോസ് ചെയ്യേണ്ടത് ഒന്നും എനിക്ക് അറിയില്ല പസാ കംപ്യൂട്ടർ പഠിച്ച മക്കളൊക്കെ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട് ഞാൻ അത് പഠിച്ചിട്ടില്ല എനിക്ക് അറിയില്ലായിരുന്നു കൈയ്യത് ഒന്ന് വന്നിരുന്നു ഭയം എന്തെങ്കിലും എവിടെയെങ്കിലും അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് മക്കളോട് പറഞ്ഞു ഇത് എന്താണെന്ന് അറിയില്ലല്ലോ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പൊങ്ങി വരുന്നു ഇത് എന്താണ് ടൈം ആർട്ടിക്കൽ പഠിച്ചിട്ട് ഞാനൊരു പഴയ നാളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച വിശുദ്ധനായ ഒരു വ്യക്തി എഴുതിയ വ്യക്തിയുടെ ലേഖനം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വായിച്ചു കൊണ്ടിരുന്നപ്പോ ലെഫ്റ്റ് സൈഡില് ഇതുപോലെ ഒരു പോപ്പ് ഒരു പെൺകുട്ടി അവിടുന്ന് കണ്ണടയ്ക്കുന്നു കണ്ണട കണ്ണടച്ച് കാണിക്കുന്നു ഇത് ഷാക്ക് എനിക്ക് പെട്ടെന്ന് ഇതൊരു പേടിയായി അത് കുറച്ച് കഴിഞ്ഞപ്പോ അത് ആയി ഓക്കെ നെച്ചേ ഞാൻ ഉടനെ ആശ്വാസത്തോടെ കണ്ണടിക്കാരംഭിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ ഇപ്പുറത്തെ സൈഡില് കണ്ണു അടയ്ക്കുന്നുത്തി അടിച്ച് ഇത് ഇങ്ങനെ ഇടതുശത്തും വരത് വശത്തും അത് ഒന്നും ചെയ്യുന്നത് പുരില്ല മുതല കംപ്യൂട്ടർ ഇപ്പം എനിക്ക് ഇത് എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ ഇങ്ങനെ കമ്പ്യൂട്ടർ ഇപ്രകാരം തിരിച്ചു ഇരിക്കുകയായിരുന്നു അപ്പറമേലും പ്ലെയിൽ കൂട്ടി എന്നാ അപ്പൊ കേട്ടേ ഞാനപ്പം മകനെ വിളിച്ച് ഇത് എന്താ മോനെ ഇത് എന്താ ഇങ്ങനെ അപ്പം വിഷയം ഇത് എങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നല്ലോ എന്താ ഇതിന്റെ കാര്യം വേണ്ട ഇതില വേറെ നാ മാി തരേല വരാത പിടി കൊടുത്താനു അപ്പം ഇത് ഈ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട അത് ഇതെല്ലാം വരാത്ത രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ചില സെറ്റിംഗ്സ് ചെയ്ത് അത് മാറ്റി തരാം എന്ന് മക്കൾ പറഞ്ഞു മോൻ പറഞ്ഞു ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പൊങ്ങി വരുന്നു സിനിമർ മാറി പോർ അപ്പം ഏതെങ്കിലും പുതുതായിട്ടുള്ള സിനിമ അത് ഒരു ഏറ്റവും പുതിയ റിലീസ് വരുമ്പോൾ അതിന്റെ ഒരു ട്രെയിലർ പോലെ പെട്ടെന്ന് പൊങ്ങി വന്നേക്കാം ഞാൻ തിയേറ്ററിൽ പോകാറില്ല ഒരു മണി നേരം സംഭവിക്കുന്നത് കണ്ണുകളിൽ അപ്രകാരം പിശാജ് വെള്ളം ഒഴിക്കുകയാണ് കണ്ണുകളിലെ അഗ്നി അത് കെട്ടുപോവുകയാണ് അഭിഷേ്പ കണ്ണുകളിൽ ദൈവത്തിന്റെ അഗ്നി ഉള്ളവരാണെങ്കിൽ കണ്ണുകളിലെ അഗ്നി കെട്ടുപോകും അഗ്നി ഇതുവരെയും പെരമൽ പോകാനാൽ നിങ്ങൾക്ക് ഈ പരിശുദാത്മാവിന്റെ അഗ്നി നിങ്ങൾ ഇതുവരെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ അത് കണ്ണുകളിൽ ഇവിടുന്ന് ആ കണ്ണുകളിൽ ഒരു ജ്വാലയും ഇല്ലാത്തവരായി നിങ്ങൾ മാറും കർത്താവേ എന്റെ കണ്ണുകളിൽ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് ഒന്ന് നമ്പർ ഒന്ന് ഒന്നാമതായി എല്ലാ സൂനയിലേയും നാ പ്പല്ലാ സാഹചര്യത്തിലും ഞാൻ ദൈവത്തെ കാണും രണ്ടാവത് രണ്ട് വേദത്തിനുടേ മഹത്വങ്ങളെ നാ പാർപ്പി ദൈവ വചനത്തിലെ മഹത്വങ്ങളെ ഞാൻ കാണും യേശുവൻ മഹിമയെ നാ പാർപ്പിന്റെ മഹത്വത്തെ ഞാൻ കാണും മൂന്നാമത് മൂന്നാമത് ആ ദേവുടെ രാജ്യത്തെ നാ പാർപ്പേ ദൈവത്തിൻ്റെ രാജ്യത്തെ ഞാൻ നോക്കും ദൂരത്തിലെ അവരുടെ ദേശത്തെ നാ പാർപ്പ് ഞാൻ വിശാലമായ ദൂരെയുള്ള ദേശത്തെ ഞാൻ കാണും കണ്ണുകളിലുള്ള അസുസ്ഥികൾക്കപ്പെടും എന്റെ കണ്ണുകളിലുള്ള അശുദ്ധിയെല്ലാം സുട്ടരിക്കുവാനായി ഞാൻ അനുവദിക്കും ഉണ്ടെ പോനായി ഞാൻ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരനായിരുന്ന നാളുകളിൽ സാധു സുന്ദർ സിംഗിനുടെ സാക്ഷ്യക്കുറിച്ച് നാളിപ്പെട്ടിരിക്കർ സിംഗിന്റെ ജീവിത സാക്ഷ്യം ഞാൻ വായിച്ചിട്ടുണ്ട് അവരുടെ ഉടൻ ഊഴിയർ അവർ അദ്ദേഹത്തോട് ചേർന്ന് സഞ്ചരിച്ചിരുന്ന സാധു കൂട്ടുവേലക്കാരൻ സാധു സുന്ദർ സിംഗ് അഡ്മിയർ ആണ് വിഷയം സാധു സുന്ദർ സിംഗ് കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഇത്ര അദ്ദേഹത്തെ കുറിച്ച് മതിപ്പുള്ളത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അവർ കണ്ണുകളിലുള്ള പ്യൂരിറ്റി അപ്ന പരിസു പറഞ്ഞു സാധു സുന്ദർ സിംഗിന്റെ കണ്ണുകളിൽ വിശുദ്ധിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അർമ്മയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ ഒരു സാക്ഷ്യം നമുക്ക് ആഗ്രഹിക്കാം എന്റെ കണകളിലെ അക്കിനി ഒരുപോലും കുറയുവേണ്ട എന്റെ കണ്ണുകളിലെ അഗ്നി ഒരിക്കലും കത്താവേത് കുറഞ്ഞു പോകരുത് അക്കിനി ജ്വാലയാണ് കണ്ണുകൾ കണ്ണുകൾ രണ്ടാമത് കാര്യം രണ്ടാമത്തെ രണ്ടാം അധ്യായം മൂന്നാം വാക്യം മൂന്നാം അവസാനത്തിൽ വാസിക്കും അപ്പോ ചില പ്രവൃത്തികൾ രണ്ടാം അധ്യായം മൂന്നാം വാക്യം രണ്ടാം അധികാരം മൂന്നാം അവസരത്തിലൂടെ വാസിക്കും മൂന്നാം അവസാനം ുംഗ്നിണംവാചകൻ ഒരിക്കൽ പഴയപാട്ടിലുള്ള മനുഷ്യൻ അദ്ദേഹം പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ് അസ്വസ്ഥ ഉതടുകളാണ് ഞാൻ അശുദ്ധിയുള്ള അധിരങ്ങളുള്ള മനുഷ്യൻ്റെ അഗ്നി ഇറങ്ങി തൊട്ടതായി നാം അവിടെ വായിക്കുന്നു ആവെങ്കിൽ എന്നാൽ പുതിയ നിയമത്തിന്റെ അതിനെക്കാട്ടിലും മെച്ചമായ കാര്യം എന്താണ് എന്ന് ഞാൻ പറയട്ടെ അഗ്നി പെർമനന്റാ ഉൽ അത് തുടർമാനമായി അഗ്നി നിറഞ്ഞ നാവ് നമുക്കുണ്ടാവും ഒരുപോലും കുറയാതപടിക്ക് നാം പാർട്ടിക്കൊള്ള വേണ്ട നമ്മുടെ നാവിൽ ഈ അഗ്നി കുറഞ്ഞു പോകാതെ നാം എപ്പോഴും നാം സൂക്ഷിക്കണം വായിലിരുന്ന് വരുക വാർത്തകളിലും ഭക്തി വിരുദ്ധിക്കേതുവാണ് വാർത്തകൾ നമ്മുടെ വായിൽ നിന്ന് ദോഷമായ വാക്കുകളൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ഭക്തി വിരുദ്ധിക്കേതു വാർത്തകൾ ആത്മീയ പ്രോത്സാഹനം ഉണ്ടാക്കുന്ന വാക്കുകളാണ് നിങ്ങളുടെ കാര്യ നിങ്ങൾക്ക് ദൈവം ഒരു വാക്തത്വം നൽകിയിരിക്കും ജോയലിനുടേ തീർക്കു ദർശനം പ്രവചനത്തിൽ നാം വായിക്കുന്നു വാലിവ ദർശനം കാണാൻ യുവാക്കൾ അവർ ദർശനങ്ങളെ കാണും അവർ തീർക്കു ദർശനം അവർ പ്രവചിക്കും ആംപ്രിയമാണോ നിങ്ങൾ ദേവനുക്ക് മൌത്ത് പീസാർക്കും ദേവനുക്ക് വായാ മുടിയും ദൈവത്തിൻ്റെ ൈവത്തിന്റെ ശബ്ദമായി ദൈവത്തിന്റെ വായായി നിങ്ങൾക്ക് മാറുവാനായിട്ട് കഴിയും ചെറുപ്പക്കാരെത്തേക്കു ആളുകളെ ജീവിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് കഴിയും ഒരു വാലിബർ ഇന്നൊരു വാലിബിനെ ഉത്സാഹപ്പെടുത്തും ഒരു ചെറുപ്പക്കാരനെ മറ്റൊരു ചെറുപ്പക്കാരനെ ഉത്സാഹിപ്പിക്കുവാൻ കഴിയും യേസുക്രിസ്തുട നാമത്തെ ജനങ്ങൾക്ക് കൊടുക്കും യേശുക്രിസ്തുവിന്റെ നാമം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നിങ്ങൾ കഴിയും ി പക്ഷത്തിൽ നിങ്ങളുടെ നാവിൽ അഗ്നി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് സാധ്യമാകൂം ഉള്ള ജോക്കുകൾ ഇവിടെപ്പെട്ട ഇടങ്ങളെല്ലാം അഭിഷേകം മാറ്റാം ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ അഭിഷേകമുള്ള നാവിൽ ഉള്ള ആളുകൾ ആ സാഹചര്യത്തിൽ അവരുടെ വായെ അവരെ തുറക്കുകയില്ല അണ്ടവറേ നാവെത്തി കർത്താവേ എന്റെ നാവേ എൻ്റെ വായെ ഞാനിവിടെ അടച്ചു വെക്കട്ടെണ്ടേ കർത്താവെ അങ്ങക്ക് അങ്ങയുടെ വായായി ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പയൻപെടുത്തേ ഇളപ്പടെവനക്ക് സമയത്ത് കേട്ട വാർത്തയാണ് ൾക്കായി ആളുകൾ വളരെ ആകാംക്ഷോടെ കാത്തിരുന്നു പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവനിൽ പതിഞ്ഞിരുന്നു അവർ വാസിത്താർ പുസ്തകത്തെ ചുരുട്ടിനാർ ഉടക്കാർന്നാർ എല്ലാവരും അവരുടെ കണകൾ മേൽ നോക്കമായിരുന്നത് അവർ വായിച്ചു പുസ്തകം മടക്കി തിരികെ കൊടുത്തു എല്ലാവരുടെയും കണ്ണ് അവനിൽ പതിഞ്ഞിരുന്നു എല്ലാവരും അവനെത്തി അവന്റെ പുറപ്പെട്ടു മുപ്പത്തിരണ്ടാം അവരുടെ വസനം അധികാരം ഉള്ളതായിട്ട് അവന്റെ വചനം അധികാരത്തോടെ ആകിയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു എന്ന് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നു അന്മയാണ് വാലിപനെ ഇവകളെല്ലാം നാം ഇച്ഛിപ്പോ ചെറുപ്പക്കാരെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആഗ്രഹിക്കാം രണ്ട് കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾ ആശ്ചര്യപ്പെട്ടത് രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് അത്ഭുതം തോന്നി അവരുടെ അവരുടെ ജപാലയത്തിൽ തൻ വളർന്ന തന്റെ നാട്ടിലുള്ള ആലയത്തിലുള്ള ആളുകൾക്ക് യേശുവിന്റെ ജീവിതത്തിലെ രണ്ട് കാര്യങ്ങൾ കണ്ട് അത്ഭുതം തോന്നി അവർ വഴക്കമായിരിക്കുന്നതാണ് ചർച്ച് തൻ സാധാരണ പോകുന്ന ആലയം മുപ്പത് വർഷമാരുന്ന് പുഴങ്ങുന്നതാണ് ചർച്ച് മുത് വ പറയാറുണ്ടോ ഫ്യൂ മിനിറ്റ് നമ്പി സേ ചില നിങ്ങളുടെ സാക്ഷ്യം എഴുന്നേറ്റ് പ്രസ്താവിക്കാറുണ്ടോ യൂത്ത് മീറ്റിംഗ് ചെറുപ്പക്കാരുടെ മീറ്റിംഗ് സുഹൃത്തുക്കളോട് എന്തെങ്കിലും അവരത് കേട്ട് അത്ഭുതപ്പെടുന്നു അധികാരം അധികാരത്തോടുകൂടെയുള്ള വാക്കുകൾ എവിടെയുണ്ടാൽ അവർക്കെങ്കിലും പരിശുദ്ധാവിനാൽ അഭിഷേകപ്പെട്ടിരുന്ന കാരണം എന്താണ് അതിനു മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവ് പാവച്ചിരുന്നു തന്റെ നാവിലെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഉണ്ടായിരുന്നു വണാന്തരത്തിൽ നാൽപ്പത് നാടകൾ ചോദിക്കപ്പെട്ട മരുഭൂമിയിൽ നാൽപ്പത് നാളുകൾ പരീക്ഷിക്കപ്പെട്ടു അതിൽ ഉണ്മയുള്ളവരായിരുന്നാൽ ആ പരീക്ഷയുടെ മധ്യത്തിൽ യേശുക്രിസ്തു വിശ്വസ്തയോടെ നിന്നു ആ പ്രിയമാണോ ദേവൻ പരിശുദ്ധാവിനാൽ നമ്മളെ അഭിഷേകർ പ്രിയമുള്ളവരെ ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നു ദേവൻ ഇന്ത്യ നാവും ഇൻറെ വായും ദേവന് കണ്ട് കംപ്ലീറ്റ് അർപ്പണിച്ചിരുന്നേ ഈ വായും നിങ്ങളുടെ നാവും പരിശുദ്ധാത്മാവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി പൂർണ്ണമായും നിങ്ങൾ അർപ്പിക്കുക അവിശ്വാസികൾക്ക് മുൻപാകെ തിരക്കവേ വേണ്ടാം കിണ്ടൽ വേണ്ടാം പരിഹാസം വേണ്ട ജോക്ക് വേണ്ടാം അവിശ്വാസികളുടെ മുമ്പിൽ നിങ്ങളുടെ അവരെ പരിഹസിക്കുന്ന തമാശകളും നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുക വീണാണ് പേച്ചു വേണ്ട ഉലകാര്യങ്ങളെ കുറിച്ച് സിനിമയുടെയും രാഷ്ട്രീയത്തിന്റെയും ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം നിങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക അവിടെ പക്ഷത്തിൽ നമ്മുടെ അഗ്നി അങ്ങ് പാതുക്കപ്പെടും അങ്ങനെയെങ്കിൽ അഗ്നി നിങ്ങളുടെ നാവിൽ എപ്പോഴും നിറഞ്ഞിരിക്കും നാം ഇങ്ങനെ ഉത്തമ ഗീതം അതക്കുണ്ടാകെ ഉപാഹ പുസ്തകം മുപ്പത്തി മൂന്നാം ഉബഹുമം 33ാം അദ്ധ്യായം 16 ആ വചനം ആവർത്തന പുസ്തകം ന്യൂട്രോണി 33 ആവർത്തനം 33 16 ആ വചനം യോസേപ്പിகுறித்து പഴയ ഉടമ്പടികളിൽ ഒരു അർമ്മமையான ഒരു പ്രോമിസ് erkray na vasikram 33 ന്റെ 16 അവിടെയുള്ള നമ്മുടെ സിന്ദയിൽ നമ്മുടെ സിന്ദയിൽ പരിശുദ്ധം നമ്മുടെ ചിന്തകളിലുള്ള വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ഒരു വാക്യം ന്യൂട്രോണി ചാപ്റ്റർ 33 വെർസ് 16 ിൽ പ്രസാദം തന്റെ സഹോദരന്മാരിൽ ആകട്ടെ മുൾ പടപ്പിൽ വസിച്ചവൻറെ പ്രസാദം യോസിന്റെ ഉണ്ടാകട്ടെ അവരുടെ ഉച്ച അവരുടെ നെറുകമേൽ വരുമാറാകട്ടെ ഇത് എന്നാ ഇത് എപ്പി നാൾപ്പെടുത്തുന്നത് ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മുച്ചരിൽ ദയൽ അഗ്നിടപ്പിൽ വസിച്ചവന്റെ പ്രസാദം എന്നാൽ ആ പരിശുദ്ധ അത് അവന്റെ അഗ്നിയാണ് വരട്ടെ അത് എന്റെ ചിന്തയിൽ വരട്ടെ മുത് എനിക്ക് കഴിയാതെ എന്നെ വിട്ടുപോ എന്റെ ചിന്തയെള്ളരെ ഇടം കൊടുക്കമാട്ടെ ഈ ചിന്തക്ക് ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഇടം കൊടുക്കുകയില്ല എന്റെ അശുദ്ധ ചിന്ത കൊടുക്കട്ടെ അവർ <outras conceptions> <movie> <t puedesushing> എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എല്ലാവരുടെയും അവിടെ ഞാൻ ഒന്നും പറയാതെ ദൈവം എനിക്ക് ദൈവത്തിന്റെ കൃപയാൽ എന്റെ മുഖഭാവം പോലും മാറാതെ സൂക്ഷിക്കുവാൻ ദൈവം സഹായിച്ചു ഞാൻ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു അന്ന് രാത്രി എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞല്ലേ ഞാൻ എന്റെ ഹൃദയത്തിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ചിന്തകളിൽ എന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത ആ അദ്ദേഹം പറഞ്ഞതിന് ഒരു തക്കതായ മറുപടി ഞാൻ കൊടുക്കേണ്ടതായിരുന്നു ഞാൻ ആ അവസരത്തെ വിട്ടുകളഞ്ഞല്ലോ ഇവിടെ കുറെ സമയം ഞാൻ ഇങ്ങനെ എന്റെ ചിന്തകളിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ് മണി പതിനൊന്ന് പന്ത്രണ്ട് ഒന്നായിച്ചേ പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണിയായി ആ പടുത്തുതാർക്കേ ഞാൻ കിടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ദൈവം എന്നോട് പറഞ്ഞു തീമയെ യോസിക്കാൻ നീ തവരുവ അപ് നീ തിന്മയെ ചിന്തിച്ചു കൊണ്ടിരുന്നോകും എന്ന് ദൈവം പറക്ക് സദൃശവാക്യങ്ങളിൽ ആ ഒരു വാക്യം തീമയെ യോസിക്കോറ നീ തന്മയെ ചിന്തിച്ചു കൊണ്ടിരുന്ന പോവുകയാണ് വേണ്ട തീമയ യോസിക്കാതെ നീ ന്മയെ ചിന്തിച്ചു ചിന് നന്മയെ യോസിക്കുണ്ട് നന്മയെ ചിന്തിച്ചാൽ നിനക്ക് കൃപ ലഭിക്കും അപ്പൊ പോരാട്ടം പോരാട്ടം പോരാട്ടം ഉള്ളത്തിലുള്ള ഈ പോരാട്ടം ചിന്തയിലുള്ള പോരാട്ടം അന്ത സ്ഥലത്തിൽ ആണ്ടവരേ എന്നെ അഭിഷേകേ എന്നെ പരസുവിനാൽ എന്നെ എന്നെ അഭിഷേകങ്ങേ ആ സമയത്ത് ദൈവമേ പരിശുദ്ധാത്മാവിനൽ നിറയ്ക്കണമേ ദൈവമെന്നെ അഭിഷേകത്താൽ നിറ അഭിഷേകം പണ്ണപ്പെട്ട ഉടൻ ഫസ്റ്റ് ആക്കണം നീ രാവിലെ തന്നെ ആ വ്യക്തിയെ കാണുമ്പോൾ ആദ്യം ഗുഡ് മോർണിംഗ് പറയേണ്ടത് നീ ആയിരിക്കണം മുഖത്തെ പാർത്ത് നല്ല സന്തോഷമായി കൈ കൊടുത്തിട്ട് പ്രൈസ് നീ ആ വ്യക്തിയെ കാണുമ്പോൾ നീ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കൈ കൊടുത്ത് ഗുഡ് മോർണിംഗ് പറയണം അഭിഷയം കൊടുത്തിരിക്കുക മറന്നാൾ പോണേ അടുത്ത ദിവസം രാവിലെ ഞാൻ പോയി അവർക്കും അവരുടെ മനസാക്ഷും തന്റെ മനസാക്ഷിയിൽ കുത്തപ്പെട്ടവനായിട്ടാണ് അദ്ദേഹം ആത്രിയിലായിരുന്നത് മുഴിക്കരുത് അവർ എന്നെ നോക്കുവാനായിട്ട് അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്രകാരം ഈ വിക്ടർ സാറിനെ ഞാൻ എല്ലാവരുടെ മുമ്പിലും അപമാനിച്ചല്ലോ എന്നുള്ള ഒരു കുറ്റബോധത്തോടു കൂടിയാണ് അദ്ദേഹം വരുന്നത് ഞാൻ സാധാരണ പോലെ രാവിലെ പോയി മാസ്റ്ററിലെ കയ്യിൽ ഞാൻ അവിടെ ഒപ്പിട്ട ശേഷം ഹാജർ ഒപ്പിട്ട ശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തെ കണ്ടു വിത്ത് ഒരു ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ അദ്ദേഹം ഇപ്പൊ കാണിച്ചതുപോലെ ചെയ്തു അതാ അവരുടെ മണ്ണിപ്പ് നമ്മച്ചു അത് മേരി നാം അപ്രകാരം അപ്രകാരം ചിന്തിക്കണം എന്ന് അദ്ദേഹം ഒരു തരം ഒഴിഞ്ഞ് ഒഴിഞ്ഞുകൊണ്ട് ആഹാ ഹാ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോയി ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചത് ഓ ഏതായാലും സാറിന് അത് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല എന്നെ തെറ്റിദ്ധരിച്ചില്ല എന്ന ചിന്തയോടെ അദ്ദേഹം അവിടെ പോയി സാർ തപ്പാമേ എടുക്കാർ സാറ് ഇതുപോലെ ഒന്നും തെറ്റിദ്ധരിക്കുകയില്ല നാം ീമികൾക്കെ ഇപ്രകാരമുള്ള ഒരു തിന്മയാണ് എത്രയധികം നിങ്ങൾ നിങ്ങളുടെ കിടക്കയിൽ ഇപ്രകാരം മറ്റൊരു എതിർ ലിംഗത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കുവാൻ കുറിച്ച് നിങ്ങൾക്ക് അഗ്നി നിങ്ങളുടെ ചിന്താ മണ്ഡലത്തിൽ ഇറങ്ങണം അവിടെ നമ്മുടെ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ പോലും നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും ശുദ്ധമായ ഓക്കെ മുടിക്ക വരുമ്പ് സാലമൻ ഞാൻ അവസാനിപ്പിക്കട്ടെ സാങ് ആഫ് സാലമൻ ഉത്തമ ഗീതം എട്ടാത് അധികാരം ഉത്തമ ഗീതം എട്ടാം അധ്യായം അഗ്നി ഇരിക്കേണ്ട മറ്റൊരു സ്ഥലം ആറാം ആറാം വസനത്തിലും വാസിക്കണം ആ സറി സാലമനു ഉന്നത സംഗീതം ഉത്തമ Uit, ould... level, okay. Third, fourth slide. Ah. ി തഴലായി കടും പ്രേമം മരണം പോലെ ബലമുള്ളത് പത്നിവ്രതശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു അതിന്റെ ജ്വലനം അഗ്നി ജ്വലനവും ഒരു ദിവ്യ ജ്വാലയും തന്നെ ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുക്കുവാൻ കെടുത്തുവാൻ പോര നദികൾ അതിനെ മുക്കി കളയുകയുമില്ല അർമ്മിയാണോ ഹൃദയത്തിലെ ദേവൻ നമ്മുടെ അഗ്നിയെ ദേവ അൻപ നമ്മുടെ ഹൃദയങ്ങളിൽ ഊട്ടുകാര വരെ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത് ഇരുനെങ്കിൽ ഊറ്റപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയപ്പെടുന്നു ഊട്ടപ്പെട്ട അടവത്തോടുള്ള ഭക്തിയുടെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകപ്പെടുമ്പോൾ അത് അന്ത അഗ്നി ഉള്ളത് യാതൊരു വിഗ്രഹം മുടാ ആ ദൈവത്തിന്റെ അഗ്നി നിങ്ങളുടെ ഹൃദയത്തിൽ നിറയും മറ്റൊരു വിഗ്രഹത്തിന് നമ്മുടെ ഇടമില്ല വേറെ ഒരു നേസത്തിന് അങ്ങ് ഇടം ഇല്ല മറ്റൊരു സ്നേഹത്തിന് സ്വാർത്ഥമായ ഒരു താല്പര്യത്തിന് അത് അക്കിനി നരമ്പിരുക്കതാണ് ഇടം നേസാണ് വൈരാക്യം തന്റെ പ്രിയനോടുള്ള പ്രേമം നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയം അവിടെ മറ്റൊരു പ്രേമത്തിന് ഇടമില്ല ഒന്ന് അക്കിനി അത് അതെ പക്ഷിത്തു പോ അഗ്നി അതിനെ ജ്വലിപ്പിച്ചുകളെ ഹൃദയമാണ് പറ്റി എറിയിട്ട് നമ്മുടെ ഹൃദയങ്ങളിലെ നമ്മുടെ ഹൃദയങ്ങളിൽ ആ അഗ്നി നിറയട്ടെ അഗ്നി ഇല്ലാതെ പിൻവാങ്ങി പോയിരിക്കാങ് പേർ ഇന്ന് പലരും ഈ അഗ്നി ഇല്ലാത്തത് അവരെ സ്നാനപ്പെട്ട ശേഷവും അവരെ പിന്മാറ്റത്തിലേക്ക് പോയത് ഒരു ഹിന്ദുക്കാല ഭണ മണ്ഡലങ്ങളെ അപ്രകാരം പിന്മാറ്റത്തിലേക്ക് പോയി ഒരു ഹൈന്ദവ വിശ്വാസിയെ പോലും വിവാഹം കഴിക്കുന്ന രീതിയിൽ ആളുകൾ പിന്മാറിപ്പോയിരിക്കുക നമ്മുടെ മധ്യത്തിൽ പ്രകാരം യേശാവിനെ പോലെ ജ്യേഷ്ഠാവകാശത്തെ വിറ്റു കളഞ്ഞ പലരുമുണ്ട് തങ്ങളുടെ ശ്രേഷ്ഠപുത്ര ഭാഗത്തെ എട്ടി ഉദൈത്തവറ്റവർ നിലുണ്ട് നമ്മുടെ മധ്യത്തിൽ ഈ ജ്യേഷ്ഠാവകാശത്തെ കാലുകൊണ്ട് തട്ടിക്കളഞ്ഞവരായി അതിനെ നിന്ദിച്ചു കളഞ്ഞ അനേകരുണ്ട് ഒരു ലവ് അഫയർ ഒരു പ്രേമത്തിന് വേണ്ടി കർത്താവിന്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞ പലരും ഉണ്ട് സെക്സ് ലൈംഗികമായ ഒരു കാര്യത്തിന് വേണ്ടി ആസക്തിക്ക് വേണ്ടി രഹസ്യ പാപങ്ങൾക്കാ രഹസ്യ പാപങ്ങൾക്ക് വേണ്ടി അഗ്നി പോടുകൾ ഈ അഗ്നിയെ അതിനെ തണുപ്പിച്ചു കളയുന്നവർ കെടുത്തിക്കളയുന്നവർ രണ്ടാം പ്രിയമാണ് ിൽ അഗ്നിടെ അഗ്നിണ്ടാകട്ടേക്കാർ ഹൃദയത്തിലെ ഉമ്മേൽ പറ്റേറിയിട്ടാണ്ടോ കർത്താവെ അങ്ങേ സ്നേഹിക്കുന്ന ആ പ്രേമത്തിന്റെ ജ്വലനം എന്റെ ഹൃദയത്തിൽ നിറയട്ടെ ഇപ്പോഴേ സ്റ്റാർട്ട് ഔട്ടാണ്ടോ കർത്താവെ ഇപ്പോഴേ അത് തുടങ്ങട്ടെ എന്റെ അഗ്നി വാഴ് നമ്മൾ ർക്കും ദൈവം നൽകട്ടെ നാം കണ്ണിലെ മൂട് ഒരു നിമിഷം ജോമണ്ണു നാം എഴുന്നയാണ് വാളിപ്പിള്ളികൾ നമുക്ക് കണ്ണുകൾ അടക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക ഏതോ ഒരു തിയറി ആ ഫിലോസഫി തിയാലജി കിടന്ന പ്രിയമാണ് പ്രിയമുള്ളവര് ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ചില വേദ വിശാസ്ത്രം അല്ല ഇത് ഉള്ള ലൈഫ് ഇത് നിങ്ങളുടെ ജീവിതമാണ് അപേ ദേവൻ നിങ്ങൾ എന്ന നിലയിൽ സെ നിങ്ങൾ ഏതൊരവസ്ഥയിലാണെങ്കിലും നിങ്ങൾ എന്നാൽ ശരി നിങ്ങൾ ഏത് തരത്തിലുള്ള മുൾ പടർപ്പാണെങ്കിലും എന്ന സാപത്തിടാണോന്നാലും സെയിം എപ്രകാരം ശാപകസ്ഥിരമായ ഒരു ജീവിതം നയിക്കുന്നവരാണെങ്കിലും എന്നെ റഫാർന്നാലും സെ നിങ്ങൾ എപ്രകാരം ഒരു ക്രൂരമായ സ്വഭാവത്തിന് ഉടമകളാണെങ്കിലും എന്നെ ക്രിക്കറ്റ് ഫിലാവായിരുന്നാലും സെ നിങ്ങൾ കാപട്യമുള്ള വ്യക്തിയാണെങ്കിലും എവളോ ഖർസായിരുന്നാലും സെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ശാപമായുള്ള ജീവിതത്തിന് ഉടമയാണെങ്കിൽ ദേവനുക്ക് അത് കാര്യമേ ഇല്ലേ പ്രിയമാണ് ദൈവത്തിന് അത് ഒരു കാര്യവുമില്ല പ്രിയമുള്ളവര് ഇന്ത് രാത്രിയിലെ ദേവനുണ്ണി ആശ്രാദമായി മാറ്റമുടിയും ഈ രാത്രിയിൽ ദൈവത്തിന് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയും ഉണ്ണി ഒരു അത്ഭുത പെണ്ണായി മാറ്റമുടിയും ഒരു മറ്റുള്ളവർക്ക് അത്ഭുതകരമായ ഒരു കാഴ്ചയാക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അഗ്നി അഭിഷേകത്തെ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അനുഗ്രഹമായിരിക്കും ഹൃദയത്തിൽ അഗ്നി ഹൃദയത്തിൽ അഗ്നിയെ തരുവാൻ ദൈവം ആഗ്രഹിക്കും ിൽ കണ്ണുകളിൽ മാറും പിടിക്കെ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു കൃപാപാത്രമായി മാറുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവത്തോട് നമുക്ക് കേപ്പമാ വായ തുറന്ന് മറ്റൊരു സ്വാഭാവത്തെ മാറ്റും ാണ് വിശ്വാസത്തോടെ നിങ്ങളുടെ വായ്പ കര്‍ത്താവേ ഇന്നെ ഇന്നെ നരകിയു കര്‍ത്താവേ എല്ലർ ജോമനോ എല്ലാവരും പ്രാർത്ഥിച്ച ദൈവ ഉന്മയ ഉള്ളവരായി ഇക്രാ ദൈവം സതീ സംതിനാണ് ഉന്മയ ഉള്ളവനാണ് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ നാം നാം യാവറു ജോമനോ നാം എല്ലാവരും പ്രാർത്ഥിച്ചാർ പരിശുദ്ധ പിതാവേ ഞങ്ങൾ സ്തുതിക്കു ഓ ஆண்டവരേ പരിശുദ്ധ പിതാവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഉർവാഞ്ചിയൻ ദാഹത്യങ്ങൾ മേൽ പോടുnga ஆண்டവരേ കര്‍ത്താവേ ഒരു ദാഹത്തെ ഞങ്ങളുടെ മേൽ അങ്ങ് അയിക്കണമേ വാഞ്ച ഉള്ളവൻ മേൽ ദാഹം ഉള്ളവൻ മേൽ അഗ്നിയേ പോടുவேன் എന്ന് നിങ്ങൾ അങ്ങേലെ ദാഹം ഉള്ളവർ മേൽ അങ്ങേടെ അഗ്നിയേ കര്‍ത്താവേ അങ്ങ് നിങ്ങളെ നരകിയുമെന്ന് അങ്ങ് പറഞ്ഞു നിങ്ങളുടെ പിള്ളേകളിനി ാണ് ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾ പരിശുദ്ധമായി ശത്രുടെ ശത്രുവിന് അവർ ഇരയായി പോകരുത് എഴുതി ർത്താവെ അങ്ങേക്കായി എഴുന്നേറ്റ് ധൈര്യത്തോടെ നിൽക്കുവാൻ അവരെ അങ്ങ് ബലപ്പെടുത്തണമേക്ക് സാക്ഷ്യാർക്കണമേ െ അൻപാണ് സ്നേഹത്താൽ അവർ നിറയപ്പെടട്ടെ മുന്തിരി പിടിക്കപ്പെടട്ടാണ് െത്താവട്ടുണ്ടെ അഭിഷേക ഈ കുഞ്ഞുങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ുംങ്ങൾക്കോത്രേ സ്തുണ്ട് പലരെയും ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ മഹത്വവും നാമത്തിൽ